അപമാനത്താൽ വിനീതരായി അവർ അതിനു മുന്നിൽ ഹാജരാക്കപ്പെടുന്നത് നിങ്ങൾക്കാണും അവർ ഒളിഞ്ഞുനോക്കുകയായിരിക്കും വിശ്വാസികൾ പറയും തീർച്ചയായും നഷ്ടം സംഭവിച്ചത് തങ്ങളെയും തങ്ങളുടെ കുടുംബാംഗങ്ങളെയും പുനരുദ്ധാന നാളിൽ നഷ്ടപ്പെടുത്തിയവർക്കാണ് അക്രമികൾ തീർച്ചയായും ശാശ്വതമായ ശിക്ഷയിലാകുന്നു